ഒരു സൂറത്ത് അവതരിക്കപ്പെടുമ്പോൾ അവരിലൊരു വിഭാഗം ചോദിക്കുന്നു ഇത് നിങ്ങളിൽ ആരുടെ വിശ്വാസത്തെയാണ് വർദ്ധിപ്പിച്ചത് എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു അവർ സന്തോഷിക്കുകയും ചെയ്യുന്നു